നിങ്ങൾ സ്വപ്നം കാണുന്നതാണ് ഞാൻ പറഞ്ഞത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണണമെങ്കിൽ പ്രമാണചൈതന്യവും പ്രമേയ ചൈതന്യവും പ്രമാതൃചൈതന്യവും വേണമെന്ന ശാസ്ത്രസത്യത്തിൽ നിന്നുകൊണ്ട് നോക്കിയാൽ സ്വപ്നം എങ്ങനെ കാണും അത്ര ഇഷ ദേവ സ്വപ്നെ മഹീമാനമനുഭവതി ഇന്ദ്രിയങ്ങൾ ഉപസംഹൃതങ്ങളായിത്തീർന്ന് മനസ്സു തന്നെ പലതായി തീരുക എന്ന വിഭൂതിയെ കൈക്കൊണ്ട് ദൃഷ്ടം ദൃഷ്ടം അനുപശ്യതി കാണുന്നു ശ്രുതം ശ്രുതമേവ അനുശൃണോതി കേട്ടത് കേൾക്കുന്നു അനുഭൂതം അനുഭവതി അനുഭവിക്കുന്നു ദൃഷ്ടം ച അദൃഷ്ടം ച കണ്ടതും കാണാത്തതും ശ്രുതം ച അശ്രുതം ച കേട്ടതും കേൾക്കാത്തതും അനുഭൂതം ച അനനുഭൂതം ച അനുഭവിച്ചതും അനുഭവിക്കാത്തതും സത്വം അസത്തും കാണുന്നു കേൾക്കുന്നു അനുഭവിക്കുന്നു ഇതാണ് സ്വപ്നം നല്ല വെളിച്ചത്തിലാണോ കാണാറ് സ്വപ്നത്തിലെ പ്രകാശത്തിന് സൂക്ഷ്മതയും വെളിച്ചവും കൂടുതലുണ്ടോ അല്ല തെളിഞ്ഞ പ്രകാശാണോ അതെ അപ്പം പ്രകാശ മനസ് പ്രകാശ വസ്തു മനസ്സ് ജഡവമാണ് അത് ആത്മപ്രകാശത്തിലാണ് ജനക ആത്മപ്രകാശത്തിലാണ് അവിടെ വരുമ്പോഴാണ് ആത്മാവ് പ്രകാശിച്ചാൽ പിന്നെ സൂര്യൻ പ്രകാശിക്കുന്നില്ല അവിടെ ഞാൻ ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല പിന്നെ അമ്മാനോ ഇല്ല അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോ നീ അനുഗ്രഹിച്ച് പൃഥ്വി ജലം അപ്പുറം കലർന്ന കാറ്റോടങ്ങണഞ്ഞു വിണ്ണിൽ അപ്പുറത്ത് കാറ്റുമണഞ്ഞ ആകാശവും കാറ്റ് വിലയം പ്രാപിച്ച ആകാശവും അന്നും ഇന്നും എല്ലാ കാലത്തും ഒന്നിരുന്നു മിന്നിടും ഒരു മാറ്റവുമില്ലാതെ ശോഭിക്കുന്ന മണം കലർന്ന ആനന്ദസ്വരൂപമായ മേനി ഏത് വസ്തുവേതാണോ അതിന് നീ അതാണ് നിത്യവർത്തമാനമായ അതാണ് ഇന്ന് നീ ഇന്ന് ഇന്ന് എന്നാൽ വർത്തമാനം അത് ഇന്ന് നീ ഇന്ന് നീ എന്ന് ഞാൻ പറയുന്നത് നിത്യവർത്തമാനമായ പ്രകാശമാണ് ആ ജ്യോതിസ് ആ ചിച്ചതി വസ്തു തോന്നിയാൽ ഇന്നലെയായി തോന്നിയതെല്ലാം ഇന്നലെയാണ് തോന്നാനിരിക്കുന്നതെല്ലാം നാളെയായി आकाशम पृथ्वी जलम भूत अग्नि इन अरमित आ प्रकाशस्वरूप आनंद नी नि्यवर्तम लिंगम അപ്പോൾ കാറ്റണഞ്ഞ് ആകാശത്തു മിന്നുന്ന ആ മേനി ആ ജ്യോതിർലിംഗം മലർന്ന മലർന്നിടും തടവില്ലാതെ പ്രഭപരത്തുന്ന രത്നത്തിനു പോലും അതിനൊപ്പമാകാൻ പറ്റില്ല ആ രത്നപ്രഭയെപ്പോലും വെല്ലുന്ന ഇതിൽ അങ്ങയുടെ ഈ സ്വരൂപത്തിൽ അങ്ങയുടെ രൂപത്തിൽ ആ മണിയിൽ ആ ജ്യോതിർഗോളത്തിൽ സാധാരണ രത്നമണിയുടെ ശോഭയെ വെല്ലുന്ന ആ ജ്യോതിർലിംഗത്തിൽ മല്ലിടുന്ന ലോകത്തെ സദാക്ലേശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മല്ലിടുന്ന അല്ലുമില്ല അജ്ഞാനമാകുന്ന പോരാട്ടം അശേഷമില്ല മല്ലിടുന്ന ഒരല്ലുമില്ല ഒരു പോരാട്ടവും അശേഷമില്ല നിൻ്റെ ഈ ആത്മപ്രകാശലോകത്ത് ഭൂമിയിലും വെള്ളത്തിലും അതിലുപരി കാറ്റിലും കാറ്റണയുന്ന ആകാശത്തും എല്ലായ്പ്പോഴും മാറ്റമില്ലാതെ നിറഞ്ഞ് ശോഭിക്കുന്ന ആനന്ദസ്വരൂപമായ വസ്തു ഏതാണോ അനുഗ്രഹവർഷം പൊഴിച്ച് നിൽക്കുന്ന ആ ജ്യോതിസ്വരൂപമാണ് വിടുന്നു അത് നീ തന്നെയാണ് പ്രഭാപൂരം പൊഴിച്ചു നിൽക്കുന്ന രത്നത്തിന് പോലും നിന്നോട് സാദൃശ്യമില്ല നിനക്ക് സമാനമല്ല അതിൻ്റെയൊക്കെ പ്രകാശം പരിമിതമാണ് അങ്ങയുടെ സ്വരൂപത്തിൽ ലോകത്തെ സദാക്ലേശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അജ്ഞാനമാകുന്ന അല്ലും ഇല്ല തെല്ലുമില്ല അല്പം പോലുമില്ല ഇപ്പം ബോധസ്വരൂപത്തിൽ അജ്ഞാനം പ്രത്യേ തേജോ വായു ആകാശങ്ങൾ ദൃശ്യങ്ങൾ ഇവയൊന്നുമില്ല ചിതാകാശമല്ലാതെ വേറൊന്നുമില്ല ഇപ്പൊ ഒന്ന് ശുദ്ധബോധമായാൽ അതിനകത്ത് ഈ ജഡദൃശ്യങ്ങളൊന്നുമില്ല ഇപ്പൊ ഭഗവാന്റെ പ്രകാശം പരന്നു കഴിഞ്ഞാൽ ജ്യോതിർലിംഗം ദൃശ്യമായാൽ ലിംഗങ്ങളിൽ ജ്യോതിർലിംഗം വിശേഷമാണെന്ന് പറയും അവിടെ ലിംഗം ജ്യോതിസാണ് ലിംഗം ജഡവസ്തുക്കളല്ല ബാക്കിയുള്ളതിലൊക്കെ ജഡവസ്തുക്കളാണ് ജഡവസ്തു തെല്ലുമില്ലാത്ത ചിജട ചിന്തനത്തിന് സഹായിക്കുന്ന ചിത്തേത് ജഡമേത് ജ്ഞാനമേത് അജ്ഞാനമേത് ഇപ്പം ജ്ഞാനപ്രകാശത്തിൽ എത്തിയാൽ ബോധസ്വരൂപനെ ദർശിച്ചാൽ പിന്നെ അവിടെ ഒന്നുമില്ല ജടങ്ങളില്ല എന്ന് പറഞ്ഞാൽ പൃഥ്വിയും അപ്പും തേജസ്സും വായുവും ആകാശവുമാകുന്ന ഭൂതങ്ങളില്ല സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുമില്ല ഭൂമി മുഴുവൻ പ്രളയജലം കൊണ്ട് മൂടിയാൽ കിണറും കുളവുമില്ല അങ്ങനല്ലേ പഠിച്ചു അല്ലേ അവിടെ എത്തിയാൽ മുഴുവൻ പ്രളയജലം കൊണ്ട് മൂടിയാൽ നാനാ ഭാഗത്തു നിന്നും വരുന്ന ജലം കൊണ്ട് മൂടിക്കഴിഞ്ഞാൽ പിന്നെ വേറിട്ട് കുളമോ കിണറോ കാണുകില്ല അതുപോലെ ബോധത്തിൽ വിലയം പ്രാപിച്ചു കഴിഞ്ഞാൽ അഖണ്ഡബോധമുണ്ടായാൽ ഖണ്ഡിതങ്ങളായ ഭാവങ്ങളില്ല ഖണ്ഡിതങ്ങളായ വസ്തുക്കളില്ല ഞാൻ നീ അവൾ അവൻ അത് ഒന്നുമില്ല അതെല്ലാം അജ്ഞാനത്തിലേ ഉള്ളൂ ബോധം ഏകമായാൽ എല്ലാം ഒന്നാണെന്നറിയും ഒരു ഭേദവുമില്ല ആ അനുഭവമാണ് ഇവിടെ പറയുന്നത് ഇത് അനുഭൂതി തലത്തിലേക്കാണ് ഗുരുദേവൻ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അവിടെ മല്ലിടുന്ന അല്ലുമില്ല മല്ലിട്ടുകൊണ്ടിരിക്കുന്ന സദാക്ലേശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അജ്ഞാനമാകുന്ന പോരാട്ടം അശേഷം പോലുമില്ല മല്ലിടുന്നൊരല്ലും ഇല്ല ഇതിൽ മല്ലില്ല അവിടെയും നേരത്തെ പറഞ്ഞ ഇല്ലാരണം എന്നുള്ള നേരത്തെ സന്ദേശവും ചേർത്ത് വയ്ക്കാവുന്നതാണ് യാതൊരു യുദ്ധവും പിന്നില്ല പരമശാന്തിയായി അപ്പൊ യുദ്ധമൊക്കെ ഉണ്ടാകുന്നത് ഞാൻ വേറെ നീ വേറെ അവൾ വേറെ അവൻ വേറെ എന്ന് വേറിട്ട് വ്യക്തിത്വം നൽകി നാമരൂപാത്മകമായി ഈ പ്രപഞ്ചത്തെ കാണുമ്പോഴേ ഉള്ളൂ അതിന് വെളിയിലിരുന്നാൽ രസമാണ് അതിനാദ്യം ചെയ്യേണ്ടത് വെളിയിലിരുന്ന് വിവർത്തമിങ്ങുകാണും വെളിമുതലായ വിഭൂതി അഞ്ചുമോർത്താൽ പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരൂരുവാണ് തിരഞ്ഞു തേറിടേണം അന്വേഷിച്ച് കണ്ടെത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ പറയുന്നതാണ് വെളിയിലിരുന്ന് വിവർത്തമിങ്ങുകാണും വെളിമുതലായ വിഭൂതി അഞ്ചുമോർത്താൽ വെളി ആകാശം അവിടെയും ഈ പ്രാചീന പദ ഉപയോഗിച്ചിരിക്കുന്നത് വെളി എന്ന് പറഞ്ഞാൽ ആകാശം പഴയ പദവുമാണ് വെളിക്കിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പുറത്തിരിക്കുക ആകാശത്ത് ആകാശമായി കാണുന്നതല്ല നമ്മൾ ആകാശം എന്ന് പറഞ്ഞാൽ മുകളിലേക്കാണ് നോക്കുന്നത് അല്ലേ ആ നീലമേലാപ്പ് തോന്നാൽ മാത്രമാണ് ആകാശം എന്ന് പറഞ്ഞാൽ സ്പെയ്സ് വെളിയിലിരുന്നു വിവർത്തമിങ്ങുകാണും വെളിമുതലായ വിഭൂതി അഞ്ചുമോർത്താൽ ആകാശം തുടങ്ങിയ അഞ്ച് വിഭൂതികളെ ഓർത്താൽ പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തന്തിരൂരു ആണ് ദഹരാകാശത്തിലെ സൂര്യനാണ് ബോധസൂര്യനാണ് ദഹരാകാശം ചിതാകാശം ഭഗവാൻ ഭംഗിയായിട്ടാണ് നാരായണൻ പറയുന്നത് വളരെ ഭംഗിയായിട്ട് അതിന് അത് കണ്ടെത്താൻ തിരഞ്ഞു തേറിടേണം അന്വേഷിക്കണം ജിജ്ഞാസു സാരം നല്ല ജിജ്ഞാസ അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റും ഇങ്ങനെയല്ല നമ്മുടെ സ്വരൂപമെന്ന് ഗുരുദേവൻ വേറൊരിടത്ത് പറയുന്നുണ്ട് ഒളിമുതലം പഴമഞ്ചുമുണ്ട് നാറുന്നളികയിലേറി നയന മാറിയാടും അതില്ലാതിരിക്കണമെങ്കിൽ അതിൻ്റെ അടുത്ത ഭാഗത്തിൽ കിളികളെ അഞ്ചുമരിഞ്ഞു കീഴ്മറിക്കും തിരു ഉരുതി അകംവിളങ്ങിടണം അതിന് പണിയുണ്ട് ഒളി ശബ്ദം ഇതെല്ലാം പ്രാചീന പദമാണ് ഇത് ഗുരുദേവന് വളരെ ലാഘവത്തോടെ അവിടെ വഴങ്ങുന്നത് അതുകൊണ്ട് നമുക്ക് ശബ്ദം പറഞ്ഞാൽ മനസ്സിലാവും ഒളി എന്ന് പറഞ്ഞാൽ ഒളി മുതലം പഴം അഞ്ചും ഉണ്ട് അഞ്ചും ഉണ്ട് ഉണ്ണുക കഴിക്കുക ആഹരിക്കുക ആഹ്രിയന്ത ഇത്യാഹാര എന്തുമാത്രം ശബ്ദങ്ങളാണ് നമ്മൾ ആഹരിക്കുന്നത് എന്തുമാതിരി ശബ്ദങ്ങളാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത് ഓരോ ശബ്ദവീശിയും പോകുമ്പോൾ അതിന് ഉടമയുടെ മനസ്സുകൂടി പോകുമോ ചോദ്യം ഓരോ ശബ്ദത്തോടും ഇപ്പം മനസ്സ് സഞ്ചരിക്കുവോ സഞ്ചരിക്കുവോ ഒരു ശബ്ദം പുറത്തേക്ക് വിടുമ്പോ ആ ശബ്ദത്തിൽ ശബ്ദത്തെക്കാൾ സൂക്ഷ്മമായ മനസ്സ് നിഹിതമായിരിക്കുമോ ഇരിക്കുമോ ഇരിക്കും അങ്ങനെയാണെങ്കിൽ ഇതുവരെ വിട്ട ശബ്ദങ്ങളൊന്നാലോചിച്ച് നോക്കി അതെത്ര ഇതിഹാസങ്ങളെ തകർത്ത് കാണും എത്ര സംഭവങ്ങളെ നശിപ്പിച്ചുകുംഷിതം ആവിരാവിസ് അനേനാധിതേന അഹോരാത്രൻ സന്ദി ഋതം വധിഷ്യാമി സത്യം വധിഷ്യാമി തന്മാമവതു തദ്വക്താരമവതു ശബ്ദം ആരക്ഷകനായ ശബ്ദം ശിക്ഷകനായി മാറുന്നത് ഇപ്പൊ ശബ്ദം എൻ്റെ മനസ്സുമായി നീങ്ങുന്നു എന്നറിഞ്ഞ് ഏറ്റവും നന്നായി സാധന ചെയ്യേണ്ടത് ശബ്ദത്തിലാണ് നാദാനുസന്ധാനം വർത്തമാനം പറയാൻ എളുപ്പമാണ് വർത്തമാനം പറയാതിരിക്കാൻ എളുപ്പമല്ല പറയുന്ന വർത്തമാനത്തിലൊന്നും ഒരപശബ്ദവുമില്ലാതിരിക്കാൻ മഹദനുഗ്രഹം വേണം ആഞ്ജനേന കൂട്ടത്തിൽപ്പെടും വയ്യാകരണൻ വടു നമ്മളൊക്കെ അഭിമാനിക്കുന്നത് ഞാൻ മുഖത്ത് നോക്കിയെല്ലാം പറയുന്നയാളാണ് മറിച്ച് ഞാൻ പറയുന്ന വാക്കിൽ എൻ്റെ മനസ്സിരിപ്പുണ്ട് എന്നറിഞ്ഞു പറയുന്നവനാണ് ഞാൻ എന്നത് സാധനയാണ് ഇത് വളരെ അനുഗ്രഹീതർക്ക് മാത്രമേ കിട്ടൂ വളരെ വളരെ പറയുന്നതിലൊന്നും കോൺട്രവേഴ്സി ഇല്ലാതെ പറയാൻ അത് അത്യപൂർവമേ പറ്റൂ ഇപ്പം ഇവിടെ ആച്ഛിദ്രൂപം ജ്ഞാനരൂപം അവിടെ ജഡമില്ല തീർത്തും അതുകൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അടുത്തത് ഇതിൽ കിടന്നു വാണു നാൾ കഴിഞ്ഞിടുന്നിനി ഇതിൽ പരം നിനക്കിലെന്തു വന്നിടുന്നു സങ്കടം മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മന്നവാകനിഞ്ഞുമുൻ കനിഞ്ഞു മുൻമതിക്കുടം കവിഞ്ഞു വായുമാറു ചൂടിയാടുന്നീ ഇതിൽ കിടന്നു കേണുവാണുനാൾ കഴിഞ്ഞിടുന്നിനിക്ക് ഇതിൽ പരം നിനക്കിലെന്തു വന്നിടുന്നു സങ്കടം മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മന്നവ കനിഞ്ഞുടം കവിഞ്ഞു വായുമാറുചൂടിയാടുന്ന ഗംഭീരായിട്ട് കൊണ്ടുവന്ന് അവസാനിപ്പിക്കാൻ പാകത്തിന് ഗംഭീരായിട്ട് പറയാ ഇതിൽ കിടന്ന് ഇതുമെന്നറിയുന്ന ജഗത്തിലാണ്ട് കേണുവാണ് നിലവിളിച്ച് ജീവിച്ച് ഏത് ജീവിതം എടുത്താലും നിലവിളികളെ കേൾക്കാനുള്ളൂ എന്തെല്ലാം അവസ്ഥയിലെത്തിയാലും മതിയെന്നൊരു വാക്ക് പ്രയാസമാണ് ലോകത്ത് ഏതെല്ലാം സ്ഥാനത്തിരിക്കുന്നവരെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് ചോദിക്കുക ഇതുകൊണ്ടൊക്കെ മതിയായി ഒരു പ്ലസ് വൺ ചാൻസ് കിടപ്പുണ്ട് ലേലം കളിച്ചിട്ടുണ്ടോ ഇല്ല ലേലത്തിന് കളിച്ചിട്ടുണ്ടോ ഇല്ല ഈ ചീട്ടുകളിയിലൊരു ഏർപ്പാടുണ്ട് പഴയ നിങ്ങളൊരു അമ്മയൊക്കെ കളിച്ചിട്ടുണ്ടാവുകയുള്ളൂ ഒരു പ്ലസ് വൺ വിളിക്കുള്ള ചാൻസ് കിടക്കും സോ ജീവിതത്തിൻ്റെ ഏത് സുഖമെടുത്താലും ഒരു പ്ലസ് വൺ ചാൻസുണ്ട് സോ അതുകൊണ്ട് അത് അനന്തമാണ് ഇൻഫിനിറ്റ് ആഗ്രഹങ്ങൾ എത്ര വളർത്തുന്നുവോ അത് അതിൻ്റെ തലത്തിലാണ് പ്രാപ്തങ്ങൾ നിസ്സാരങ്ങളും അപ്രാപ്തങ്ങൾ അനുപേക്ഷണീയങ്ങളുമാകുന്നതാണ് അതാണ് ഇതിൻ്റെ ലോകം ആഗ്രഹത്തെ അല്പമൊന്നും മേച്ചാൽ പ്രാപ്തമപ്രാപ്തമെന്ന രണ്ട് ബിന്ദുക്കളുണ്ട് പദങ്ങൾ മനസ്സിലായി കാണുകയാ പ്രാപ്തം അപ്രാപ്തം കിട്ടിയത് കിട്ടാത്തത് അത് ചിലർക്കറിയാം ചിലർ ഈ കളി നല്ല കളിക്കും രണ്ട് സാധനം എടുത്ത് വെച്ച് ഇങ്ങനെ കാണിക്കും അപ്പോൾ ഇതിങ്ങാമെന്ന് പറയും അതൊന്ന് കൊടുക്കും കൊടുത്തിട്ട് നമ്മൾ വെറുതെ വന്നിരുന്നാൽ അവൻ കുറച്ച് കഴിയുമ്പം പറയും മറ്റൊന്ന് കാണിച്ച് നോക്കട്ടെ കാരണം അവന് ലാഘവത്തോടെ കിട്ടിയതിന് വാല്യൂ അപ്പോൾ അതിങ് മേടിച്ചിട്ട് ഇത് കൊടുക്കുക സ്വല്പം കഴിയുമ്പോൾ അവൻ പറയും മറ്റൊന്നും തന്നെ നോക്കട്ടെ ഇതാണ് ഞാനും നിങ്ങൾ ലോകത്തിലെ ഏത്ത് വ്യക്തിയെടുത്താലും ഇതിൽ എക്സെപ്ഷൻ ഉണ്ടെങ്കിൽ അവനെ വിടരുത് അവനെ പിടിച്ചാൽ മതി അവനാളതാണ് അവൻ നിങ്ങളുടെ മകനായാൽ അവൻ നിങ്ങൾക്ക് ഗുരുവാണ് അവൻ നിങ്ങളുടെ അച്ഛനായാൽ അവനും നിങ്ങൾക്ക് ഗുരുവാണ് അവൻ നിങ്ങളുടെ ബന്ധുവൊന്നുമല്ല വീട്ടിൽ പിക്ഷയ്ക്ക് വന്നവനാണ് വെറും തെണ്ടിയെ പോലെയാണ് അവനും ഗുരുവാണ് അപ്രാപ്തത്തിൽ സുഖം ആരന്വേഷിക്കുന്നുവോ അവൻ അന്ധകാരത്തിലാണ് അവനുമായുള്ള നിങ്ങളുടെ എല്ലാ പരിചയവും ദുഃഖമാണ് ഇതാണ് സമസ്യ ലോകത്ത് എങ്ങനെ എടുത്താലും പ്രാപ്ത അപ്രാപ്തങ്ങളുണ്ട് യാതൊരുവനാണോ പ്രാപ്തത്തിൽ മറവി വരുന്നത് അപ്രാപ്തത്തിൽ ആഗ്രഹം ജനിക്കുന്നത് അത് അജ്ഞാനം ഹേതുവായിട്ടാണ് പണ്ടുള്ള ആളുകൾ ഇതിന് പ്രാപ്ത അപ്രാപ്തങ്ങളെ സമമാക്കിയിരുന്നു പഴയ ആളുകൾ കിട്ടിയാൽ നന്നായി കിട്ടിയില്ലെങ്കിൽ അതീവ നന്നായി അത് പരിപാലിക്കേണ്ടല്ലോ എന്താടാ നിന്റെ അച്ഛൻ വീതം വെച്ചപ്പം നിനക്കൊന്നും തന്നില്ലെന്ന് കേട്ടു എൻ്റെ ഗോവാലേട്ട വളരെ നന്നായി ഇനിപ്പം വെള്ളം കോരണ്ട വേലി കെട്ടണ്ട സംഗതി വളരെ കൂശാലായി ചേട്ടാ നീ എന്നിട്ട് മിണ്ടാതിരിക്കുന്നു വഴക്കുണ്ടാക്കണ്ടേ ഗോപാലേട്ട ഗോപാലേട്ടന് വഴക്കുണ്ടാക്കണേ അങ്ങോട്ട് പോയി പോരെ ഇനി ഞാൻ വഴക്കുണ്ടാക്കുകയും കൂടെ ആണോ ഈ വഴക്കുണ്ടാക്കിയിട്ട് എന്തിനാണ് ഗോവാലേട്ട അച്ഛൻ അതിന് അധികാരിയായത് മറ്റവനാണെന്നും അവൻ കഷ്ടപ്പെടാൻ തയ്യാറാണെന്നും അവനാണതിന് ഫിറ്റെന്നും തോന്നി അവന് കൊടുത്തു എന്നിട്ട് പറഞ്ഞു മോനെ നീ സുഖമായി ജീവിച്ചു ഇവൻ ഇതിനകത്ത് കിടന്ന് കഷ്ടപ്പെടട്ടെ അച്ഛൻ്റെ ആ കാരുണ്യത്തിന് മുമ്പിൽ ഞാനിങ്ങനെ നമസ്കരിച്ച് നിൽക്കുമ്പോൾ ഗോപാലേട്ടനൊരുമാതിരി വിവരക്കേട് പറയുന്നത് കഷ്ടമാ ഗോപാലേട്ടെന്ന് തോന്നോ ഇത് തോന്നണമെങ്കിൽ അല്പം സുഹൃതം വേണം നമുക്ക് മാത്രമല്ല ജനിപ്പിച്ച തന്തയ്ക്കും തള്ളയ്ക്കും കൂടെ അതാണിതിൻ്റെ വഴി ഏതൊന്ന് അപ്രാപ്തമാണോ അതിലാണ് സുഖം എന്ന് നനച്ചു നനച്ചു പോയാൽ ഒരിക്കലും ശാന്തിയില്ല അതാണ് ഈ ദൃശ്യലോകത്തിൻ്റെ പ്രത്യേകത അതിനാദ്യം സ്വേച്ഛ പരേച്ഛ അനിച്ഛ ഇവയിലൊക്കെ പരിശോധിക്കണം എവിടെയാണ് പ്രാപ്ത അപ്രാപ്തങ്ങൾ സകലതും അനിച്ഛയിൽ ചെയ്യുന്നവന് അങ്ങനെ ആരെങ്കിലും ചെയ്യുവോ അനിച്ഛാപൂർവകം ഒരഗ്രഹവും ഇല്ല ചുമ്മാ ചെയ്യ എന്തിനു താനിതൊക്കെ ചെയ്യുന്നത് ചുമ്മാ അങ്ങനെ പറയുന്ന ആരെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഏ വലിയ ബഹളോ ആടവോ ഒന്നും ഇല്ലാതെ ഒരു രസത്തിന് കർമ്മം ചെയ്യുന്ന ആളുകൾ വെറുതെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കർമ്മയെങ്കിലും വെറുതെ ചെയ്തിട്ടുണ്ടോ വെറുതെ ചെയ്ത് നല്ല ആസ്വാദ്യതയാണ് കാര്യത്തിന് ചെയ്യാൻ പോകുമ്പോൾ ആസ്വാദ്യതയില്ല വെറുതെ ചെയ്യുമ്പോൾ വല്ലാത്തൊരാസ്വാദ്യതയാണ് എന്തിനാണോ താൻ അതെല്ലാം ചെയ്തേ വെറുതെ അവർ പറയുന്ന ഇങ്ങനെയൊന്നുമല്ല ചുമ്മാ ചുണ്ടറങ്ങുന്നതേ കാണുള്ളൂ ചുമ്മാ ഒരു കാര്യവുമില്ല എന്നുള്ളതുകൊണ്ട് അവരോട് ഇന്ന് വളരെ സീരിയസ് ആയിട്ടൊക്കെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവർ നമ്മളെ ഒരുമാതിരി മുമ്പ് പറഞ്ഞാൽ നെക്ക് നക്കിടും അത്തരം പാർട്ടികളാണ് അതുപോലുള്ള ആളുകളുണ്ട് ലോകത്ത് അവർ ഒരിക്കൽ കണ്ടാൽ മതി നമ്മൾ തീർന്നു കിട്ടും അപ്പം അങ്ങനെയുള്ള യാതൊന്നിനും അല്ലാതെ ജീവിക്കുക ചിലരുണ്ട് പരേച്ഛയിൽ ജീവിക്കും സ്വന്തം ഇച്ഛയൊന്നുമില്ല അവിടുത്തെ ഇഷ്ടം ഭഗവാൻ അവിടുത്തെ ഇഷ്ടം അങ്ങനെ ജീവിക്കും വേറെ ചിലരുണ്ട് സ്വേച്ഛയിൽ ജീവിക്കും സ്വന്തം ഇഷ്ടത്തിൽ ഇങ്ങനെ പല തലമുണ്ട് അതിൻ്റെ ഇടയിൽ ഒരുപാട് തലങ്ങളുണ്ട് ഈ മൂന്നെണ്ണയുള്ളൂന്ന് ചേരിക്കരുത് രണ്ടിനും ഇടയിൽ കുറേ തലങ്ങളുണ്ട് ഇത് കൂടിയും കുറഞ്ഞു ഒരുപാട് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനുണ്ട് അതിനകത്ത് പ്രാപ്തവും അപ്രാപ്തവുമുണ്ട് ചിലര് പ്രാപിച്ചാൽ അവരറിയില്ല എന്ന് പറഞ്ഞാൽ ചിലർക്ക് ചിലത് കൈ കിട്ടിയാൽ അവരുടെ കയ്യിൽ ഒരിക്കലും അത് ചിലരുടെ കയ്യിൽ ചിലത് കിട്ടിയാൽ അവരുടേതും മാത്രമായിരിക്കും അവർക്ക് ഉപഭോഗമില്ലെങ്കിൽ പോലും അന്യന് ഉപഭോഗം ഉണ്ടാവില്ല സാ ഇങ്ങനൊരു സാധനം എൻ്റെലുണ്ട് തരിയല്ല എന്തു ചെയ്യാൻ വെച്ചിരിക്കുക അതെനിക്ക് ആവശ്യമുണ്ടാവും ഇപ്പം ഇല്ലെങ്കിൽ അങ്ങനെയുണ്ട് മറ്റേലുണ്ട് എൻ്റെ കയ്യിലുണ്ട് എന്തിനാ നിങ്ങൾക്ക് വേണോ ആരെങ്കിലും വരുമ്പോൾ കൊടുക്കാനാ അതിന് കൃത്യമായ ഉപഭോഗമുള്ള ഒരാളെ കണ്ടെത്തുന്നത് അതവിടെ ഇരിക്കുന്നു എന്ന് മാത്രം നിങ്ങളാണോ ആൾ കൊണ്ടുപോകുമോ അയ്യപ്പം നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ വരുമെന്ന് വെച്ച് കാത്തിരുന്നതാ ഇങ്ങനെയല്ല ചില ഇങ്ങനെ പ്രാപ്തവും അപ്രാപ്തവുമായി രണ്ട് ലോകങ്ങളുണ്ട് ചിലർക്ക് ഒരു വസ്തു കൈയിലേക്ക് കിട്ടുന്നവരേ അതിൽ ത്രില്ലുള്ളൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യാതൊരു ഏ യാതൊരു ത്രില്ലും ഇല്ല ഇന്നത് മേടിച്ചുകൊണ്ടിരണം കളിപ്പാട്ടം ഇന്നത് വേണം വഴക്കുണ്ടാക്കും അത് കുട്ടിക്കാലത്ത് നോക്കിയറിയാം നീ അത് കിട്ടണം എന്ന് പറയും മോനെ അത് ആയിരം രൂപയാണ് ഇപ്പം അച്ഛൻ്റെ കയ്യിലില്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ കളിപ്പാട്ടം കൊണ്ട് വരുന്നെങ്കിൽ ഇങ്ങനെ വന്നാൽ മതിയല്ല വരണ്ട